ഒ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം നിങ്ങൾ മഹർ നൽകിയ നിങ്ങളുടെ ഭാര്യമാരെയും അള്ളാഹുസുബാനഹുവറ്റായാല നിങ്ങൾക്ക് നൽകിയവരിൽ നിങ്ങളുടെ വലതു ഉടമപ്പെടുത്തിയവരെയും നിങ്ങളോടൊപ്പം ഹിജറ പോയ നിങ്ങളുടെ പിതാവിന്റെ സഹോദരപുത്രിമാരെയും പിതാവിന്റെ സഹോദരിപുത്രിമാരെയും മാതാവിന്റെ സഹോദരപുത്രിമാരെയും മാതാവിന്റെ സഹോദരിപുത്രിമാരെയും ഞങ്ങൾ നിങ്ങൾക്കനുവദിച്ചു തന്നിരിക്കുന്നു കൂടാതെ ഒരു സത്യവിശ്വാസിനി സ്വയം മുഹമ്മദ് നബി സലാഹു അലഹി വസ്ല്ലംക്ക് നൽകുകയാണെങ്കിൽ അവരെ വിവാഹം കഴിക്കാൻ മുഹമ്മദ് രബിസ്വല്ലാഹു അലഹി വസ്ലം ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവരും നിങ്ങൾക്ക് അനുവദനീയമാണ് ഇത് വിശ്വാസികൾക്കല്ലാത്ത നിങ്ങൾക്കു മാത്രമായിട്ടുള്ളതാണ് അവരുടെ ഭാര്യമാരെ സംബന്ധിച്ചും അവരുടെ വലതു ഉടമപ്പെടുത്തിയവരെ സംബന്ധിച്ചും ഞങ്ങൾ അവർക്കെന്ത് നിർബന്ധമാക്കിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് പ്രയാസമുണ്ടാകാതിരിക്കാനാണത് അള്ളാഹു സുബഹാനഹുവ ചായാല ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു